ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് മൂവ്മെന്റ് ഫ്രം എ ട്രാവലിംഗ് ഫ്രംബ് ടു ടൂബ് ഗർഭപാത്രത്തിൽ നിന്ന് ശ്മശാനത്തോടെ അവസാനിച്ചു നിഷേഖാദി ശ്മശാനാന്താണ് നിഷേഖത്തിൽ തുടങ്ങി ശ്മശാനത്തിൽ അവസാനിച്ചു അതാണ് ജീവിതമെങ്കിൽ ഗീതയെന്തിന് ഉപനിഷത്തെന്തിനും ഭാഗവതം എന്തിനും ആവശ്യമില്ല അതിനപ്പുറം ഒരു അസ്തിത്വമുണ്ട് ഇരിപ്പുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിന് അപ്പുറം നമുക്കൊരു ഇരിപ്പുണ്ടെങ്കിൽ നമ്മളുടെ ഞാൻ എന്ന അനുഭവത്തിന് ദേഹപരിണാമം പരിമാണമല്ലെങ്കിൽ ഏതം അന്നമയമാത്മാനമുപസംക്രമ്യ ഏതം പ്രാണമയമാത്മാനമുപസംക്രമ്യ മനോമയമാത്മാനമുപസംക്രമ്യ വിജ്ഞാനമയമാത്മാനമുപസംക്രമ്യ ആനന്ദമയമാത്മാനമുപസംക്രമ്യ തരണം ചെയ്തു പോയി താൻ ആത്മാവാണെന്നും താൻ ബ്രഹ്മമാണെന്നും താൻ ആ മംഗളമായ വസ്തുവാണെന്നും സാക്ഷാത്തായിട്ട് ഒരു ക്ഷണനേരം കുറച്ചു നേരത്തേക്കെങ്കിലും അനുഭവിക്കാമെങ്കിൽ സത്സംഗത്തിലെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ ചില ഭാഗ്യവാന്മാർക്ക് ശ്രവണം കൊണ്ട് കിട്ടും അത്ര എളുപ്പ ഈ ഒരു വിദ്യ മാത്രം പരിശ്രമം കൊണ്ട് കിട്ടില്ല മൂക്കത്ത് വെച്ച കണ്ണട കാണാതെ മൂക്കത്ത് കണ്ണടയിൽ കൂടെ തന്നെ തരയും എല്ലാവരും ചെയ്യും അല്ലേ എപ്പോഴെങ്കിലും ചെയ്യും കണ്ണടയിൽ കൂടെ തന്നെ കണ്ണട തെരയും ആരെങ്കിലും കൊണ്ടു തരണോ ഇതാ ഇരിക്കണു എന്ന് പറഞ്ഞ അയ്യേ ലജ്ജ അതുപോലെയാണ് നമ്മൾ തരയണത് ആരെയാ നമ്മളെ തന്നെയാ നമ്മളുടെ സ്വരൂപമാണ് തരയണത് ഞാൻ ആരെയെന്നാണ് തെരയണത് അതിനെ ബ്രഹ്മം എന്ന് പറഞ്ഞു ആത്മാവെന്ന് പറഞ്ഞു ഈശ്വരൻ എന്ന് പറഞ്ഞു എന്തൊക്കെയോ പേര് പറഞ്ഞു അവസാനം നോക്കുമ്പോൾ പാർട്ടി ഇതാണ് ഈ എല്ലാത്തിനെയും അനുഭവിക്കണവനിൽ ഒളിഞ്ഞുകിടക്കണു അല്ലേ വട്ടതിരി പറഞ്ഞു നാരായണീത്തലെ ഹിരണ്യകശു വൈകുണ്ഠത്തിൽ പോയി വിഷ്ണു എവിടെ ചോദിച്ചോ അത്രേ ബഹിർദൃഷ്ടേഹ് അന്തർധിത ഹൃദയേ സൂക്ഷ്മവപുഷാ ഇയാള് ബഹിർദൃഷ്ടി പുറത്തു നോക്കിക്കൊണ്ടിരിക്കണു ഇയാൾ നോക്കാത്ത ഒരു സ്ഥലമുണ്ട് ഒരു ഒരു കള്ളൻ ആരെങ്കിലും കം കിട്ടുമോന്ന് അന്വേഷിച്ചു അപ്പുണ്ട് ഒരാള് ബാങ്കിൽ നിന്ന് കുറെ സ്വർണമൊക്കെ എടുത്തോണ്ട് പോണു അയാളുടെ കൂടെ കൂട്ടുകാരനായിട്ട് കൂടി കൂടി രണ്ടുപേരും യാത്ര ചെയ്തു അവസാനം ഒരു ലോഡ്ജിൽ പോയി റൂം എടുത്തു രണ്ടുപേരും വലിയ കൂട്ടുകാരായിട്ട് ഇയാള് സമയം കിട്ടുമ്പോൾ മോഷ്ടിക്കാൻ നിൽക്കുക രാത്രി രണ്ടുപേരും ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞപ്പുണ്ട് ഇയാൾ എഴുന്നേറ്റ ഈ സ്വർണം എവിടെന്നു അന്വേഷിച്ചു പരത്തി നോക്കി ബാഗിൽ നോക്കി ഇയാളുടെ ഷട്ടിൽ നോക്കി അവസാനം ഈ മനുഷ്യന്റെ മൂക്കത്തെന്തോ മണപ്പിച്ചപ്പോ അയാൾ മയങ്ങിപ്പോയി മയങ്ങി കഴിഞ്ഞപ്പോ അയാളുടെ ബെഡിന്റെ അടിയിൽ നോക്കി തലഹണയുടെ അടിയിൽ നോക്കി സാധനം കാണാനില്ല ബാത്റൂമിൽ ഉണ്ടാവു നോക്കി ഒന്നും കാണാനില്ല എപ്പോഴാണ് ഇയാൾ വെച്ചാന്ന് അടുത്ത ദിവസം രാവിലെ എണീറ്റു രണ്ടുപേരും പിരിയ എത്തേണ്ട സ്ഥലം പിരിഞ്ഞു കഴിഞ്ഞു പിരിയാറാവുമ്പോ പതുക്കെ ചോദിച്ചു വളരെ കള്ളന്മാരുടെ ഭയമൊക്കെ ഉണ്ട് നിങ്ങള് സാധനങ്ങളൊക്കെ നിങ്ങൾ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചല്ലോ ജ്വല്ലറിയൊക്കെ എവിടെ വെച്ചെന്നല്ല രാത്രി നിങ്ങളുടെ തലകണിക്ക് അടിയിലാണെന്ന് തോന്നുന്നത് ഇയാള് തന്റെ തലകണിക്കടിയിൽ മാത്രം നോക്കില്ലാന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു അല്ലേ നമ്മളുടെ കാര്യാണ് നമ്മള് എല്ലായിടത്തും പരത്തും വൈകുണ്ഠത്തില് കൈലാസത്തില് ഭൂമിക്കടിയിൽ കടലിന്റെ അടിയിൽ ആറ്റത്തിന്റെ ഉള്ളില് സൗരയൂഥത്തില് എല്ലായിടത്തും പരത്തി നോക്കും വിട്ടുകളയണത് എവിടെയാണെന്ന് വെച്ചാൽ ഈ പരത്തിനാള് അന്വേഷിക്കുന്ന ആളെ വിട്ടുകളും അന്വേഷിക്കുന്നവനെ വിട്ടുകളും അറിഞ്ഞിടുന്നവന്റെ സ്വരൂപത്തിനെ വിട്ടുകളും എല്ലാം അറിയുന്നവനായ താൻ ആരാണ് തന്റെ സ്വരൂപം ഈ ഒരു ചോദ്യം എന്ത് ചോദിക്കാത്തത് ഇതൊന്നും മാത്രം അത് ഇത്രയും വലിയ കെട്ടിടമെന്നാവശ്യമില്ല തമേവ ഏകം ജാന ആത്മാനം അനിയാവാച്ചോ വിമുൻശത്ത് എന്ന് പറഞ്ഞു ശ്രുതി പഠിച്ചതൊക്കെ ഒരു കാലത്ത് മറക്കേണ്ടി വരും എന്തൊക്കെ പഠിച്ചുവോ പഠിച്ചതൊക്കെ ഒരു കാലത്ത് മറക്കേണ്ടി വരും എല്ലാം മറന്നുപോകുന്നു അതൊന്നും നമുക്ക് രക്ഷിക്കൂല വയറ്റുപഴപ്പിനു ശരി ഭുക്തയെ തു സമാധാനവും ശാന്തിയൊന്നും തരില്ല ഒരു പഠിപ്പും തരില്ല ഒരു പുസ്തകവും തരില്ല എല്ലാത്തിനെയും തരണം ചെയ്ത് അവസാനം മനുഷ്യൻ തന്റെ ചിത്തത്തിനെ തന്റെ മനസ്സെന്ന് പറയുന്ന ദേവനെ എപ്പ ശാന്തമാക്കുന്നു ചിത്തത്തിനെ എപ്പോൾ ഹൃദയത്തിൽ അടക്കാൻ പഠിക്കണോ അതിനുവേണ്ട സാധനാ സാമഗ്രികളൊക്കെ സമ്പാദിച്ച് പതുക്കെ ഇന്ദ്രിയങ്ങളെ താളത്തിൽ നിർത്തി ധർമ്മത്തിന്റെ പഥത്തിൽ നിർത്തി മനസ്സിനെ മാക്കി ഭഗവത് അഭിമുഖമാക്കി തിരിച്ച് ഹൃദയസ്ഥാനം നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഇത്രകാലം ശ്രദ്ധിക്കാതെ ഇട്ടിരിക്കുന്ന ഒരു സെന്ററുണ്ട് അത് മൈൻഡ് അല്ല അത് സെൻസസ് അല്ല അത് ബ്രെയിൻ അല്ല ഒരു അൺനോൺ അൺസീൻ സെന്റർ അത് അധ്യാത്മപഥത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അത് ഓപ്പൺ ആവാൻ തുടങ്ങും അപ്പോഴാണ് ചിലപ്പോൾ സത്സംഗത്തിൽ രുചി തുടങ്ങണത് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങുന്നത് ഭാഗവതം പറയണു പുതിയൊരു നാടി തുറക്കും എന്നാണ് ആ നാടി തുറന്നു കഴിയുമ്പോൾ പുതിയ പുതിയ അറിവുകളൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ പ്രകാശിച്ചു തുടങ്ങും അപ്പോഴാണ് ആത്മാ ബ്രഹ്മം ചൈതന്യം ഈ വാക്കുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ആനുപാതികമായിട്ട് ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ടാവണത് കേൾക്കുമ്പോ ഓ ഇത് സത്യമാണ് എന്നൊരു ശ്രദ്ധ ഉണ്ടാവുന്നത് കേൾക്കാൻ ഇരിക്കണമെന്ന് തോന്നണത് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ സത്സംഗമം അവര് വരുമ്പോ അതുമാതിരിയുള്ള വിഷയങ്ങളും വരും അല്ലെങ്കിൽ ചില ദിവസം ഒന്നും വരില്ല ഒന്നും നടക്കില്ല അവർക്കായിട്ടാണത് ഒരു സമയം ഒരു ഒരു വർഷം എവിടെയും പോയില്ല അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു സൂക്കേടുണ്ട് കുറച്ചു നേരം ഒന്നും ഇത് പറയാതിരുന്നത് ശരിയാവില്ല എന്താണെന്ന് ഈ മെഷിൻ അതിനുള്ളതായതുകൊണ്ട് അപ്പൊ ഞാന് എന്ത് ചെയ്യും വീട്ടില് പുറകുവശത്ത് നല്ല കാടാ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയും ഈതയും ഭാഗവത ഉപനിഷത്തൊക്കെ വായിക്കി പറഞ്ഞു കണ്ണടച്ച് ചൊല്ലിക്കൊണ്ട് പാരായണം ചെയ്തുകൊണ്ട് കണ്ണ് തുറന്നു നോക്കുമ്പോണ്ട് മുമ്പില് രണ്ട് കീരി ഇരിക്കണ്ട് രണ്ട് കീരി അവര് നല്ല ഓഡിയൻസാണ് ഞാൻ സസ്യങ്ങൾക്കാണ് പറഞ്ഞത് ചെടികൾക്ക് തെങ്ങിന് സദസ്സൊന്നും വേണമെന്നില്ല ആയിരം പേരൊന്നും ആവശ്യ ആവശ്യം വേണമെന്നില്ല ഒക്കെ ആയിരം പേര് കാണുമ്പോ അതൊരു സന്തോഷം അതൊരു ആനന്ദം ഏകേ ഭഗവത് സ്വരൂപമാണല്ലോ എത്ര രൂപത്തിലാ എത്ര പേരാ വന്നിരിക്കണത് എന്ത് കിട്ടുന്നുവെന്നിട്ടാ നിങ്ങളൊക്കെ വന്നിരിക്കണത് ആരാ നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കണത് ഏ ഞാനാണ് ബസ്സിൽ കയറി ഓട്ടോ പിടിച്ച് കാറെടുത്ത് ഇവിടെ വന്നതൊക്കെ പറയും ഉള്ളിലുള്ള അന്തർയാമിയായ ഭഗവാൻ തന്റെ തന്നെ വൈഭവം തന്റെ തന്നെ മഹിമ തന്നെ തന്നെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് സ്തുതിപ്രിയ എന്നൊരു പേര് ഉണ്ട് ദേവിക്ക് അല്ലെ സ്ത്രോത്രപ്രിയ വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ അങ്ങനെ ഒരു പേരുണ്ട് അതായത് അന്തർയാമിക്ക് സ്തുതി വളരെ ഇഷ്ട അത് ശരീരത്തിലും ഈഗോയിലും ആരോപിക്കപ്പെടുമ്പോൾ ഫ്ലാറ്ററി ആയിട്ട് തീരും വെൻ ഇറ്റ് ഗോസ് ടു ദ റൈറ്റ് സെന്റർ ഇറ്റ് കംപ്ലീറ്റ്ലി മേക്സ് യു ഫുൾ ഹോൾ രാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയുടെ അടുത്തൊരു ദിവസം ചോദിച്ചു എന്നെ എന്താ ധരിക്കണമെന്ന് നീ ചോദിച്ചു മാസ്റ്റർ മഹാഷി പറഞ്ഞു അങ്ങ് ഭഗവാനാണ് അടുത്ത ക്ഷണം സമാധിസ്ഥിതനായിട്ട് തോന്നി അങ്ങനെ സമാധിസ്ഥിതൻ അത് ഫ്ലാറ്ററി അല്ല അത് സത്യം ഇറ്റ് ഈസ് ഫോൾ ഇറ്റ് ഈസ് രാമതീർത്ഥന്റെ ഒരു വാക്കാണ് it is sin it is falsehood it is atheism to say that you have a separate existence apart from god eeshwaranenna anyavayi nenakku or iruppundennu paranad or kumilakku or bubble kumilakku kadalil ninnu anyamayittu budbudathina or iruppundennu parana poleya budbudathina kadalil nann anyavayi irupa evde adu kadalana adu jalamana കടലിന്റെ രൂപത്തിലത് ജലമാണ് കുമളയുടെ രൂപത്തിലത് ജലമാണ് സലില ഏകോ ദൃഷ്ട അദ്വൈതോ ഭവതി അതുപോലെ അദ്വൈതമായിട്ട് ഉള്ള അദ്വൈതം എന്ന് പറയുമ്പോൾ ആ അഖണ്ഡത്തിൽ നിന്ന് എനിക്ക് ഒരു ഇരിപ്പില്ല അല്ലാതെ ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞു ഈഗോ അല്ലാതെ ഞാൻ എന്ന് പറയുന്നതിന്റെ സ്വരൂപം എന്താണെന്ന് നോക്കുമ്പോൾ കൊടത്തിൻ്റെ ഉള്ളിലുള്ള ആകാശം ഉണ്ടല്ലോ അത് മഹാകാശാണ് അത് കൊടാകാശമല്ല അത് മഹാകാശമാണ് അത് ഘടത്തിന്റെ ഉള്ളിലുള്ള ആകാശല്ല ആ മഹാകാശത്തിനെ കൊടത്തിന്റെ ഉള്ളില് ലിമിറ്റഡ് പോലെ കാണുന്നു അതുപോലെ ഇതിനകത്തെ ഒരു ചൈതന്യം ഉണ്ട് കണ്ണു കാണുന്നു ചെവി കൂടെ കേൾക്കണു മണക്കുന്നു നാവലൂടെ രുചിക്കണു അല്ലെ ചത്തുപോയ നാലുപേരെടുക്കണം ഇപ്പൊ നടക്കുന്നു ഓടുന്നു ഒളിമ്പിക്സിൽ ഓടുന്നു ജോഗിംഗ് ആണെന്ന് പറയണു വലിയ ശരീരം മരിച്ചു കഴിഞ്ഞു ഒന്ന് എഴുന്നേറ്റ് നടക്കൂ ശ്മശാനം വരെ പോയാ മതി ഒരു രക്ഷ ഇല്ല രാവിലെ എണീറ്റ് ദിവസം ജോഗിങ് പോണ ആളാണ് തൂക്കം വയ്യാ എടുക്കാൻ വയ്യ കാരണം ഈ ജോഗിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇട്ടിലി ലോഡ് കണക്കിനാണ് ഉള്ളില് പോവുക അപ്പൊ അതൊക്കെ ഉണ്ടങ്ങനെ അങ്ങനെ ചെട്ടിയാർ തൊപ്പയി തനതണ്ടെറുക്ക് നായനരി കഴുക് തനതണ്ടിറുക്കെന്ന് പട്ടണത്താർ പാടി അതിങ്ങനെ അതിങ്ങനെ വലുതായി കാണില്ല ൾ പറഞ്ഞു ഈ കൊടവയറുകാരന് എത്ര ഗുണ അറിയോ ഡൈനിങ് ടേബിള് വേണ്ട റൈറ്റിങ് ഡെസ്ക് വേണ്ട ഒക്കെ ഇവിടെ വെച്ച എഴുതാം ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കാലിൽ ചെരുപ്പിട്ടിട്ടുണ്ടോ എന്ന് ചിലപ്പോ അറിയണില്ല എന്ന് കാണാൻ വയ്യ ആള് ഓടണോ നടക്കണോ എന്തൊക്കെയോ ചെയ്യണോ അല്ലേ മരിച്ചു കഴിഞ്ഞാ യസ്യ സന്നിധി മാത്രേണ് ദേഹേന്ദ്രിയ മനോധിയ വിഷയേഷു സ്വകീയേഷു വർത്തേ പ്രേരിത ഇവ സാന്നിധ്യം കൊണ്ട് ഇരുപ്പ് കൊണ്ട് ഒരു എല്ലാം മാറിപ്പോയി ഇപ്പൊ ഇരുന്ന് അതാണല്ലോ പറയണത് അല്ലേ അതില്ലെങ്കിൽ ഇത് പറയുവോ ഇപ്പ ഇരുന്ന് അതാണല്ലോ അതെന്താ നിങ്ങളുടെ ക്ലിനിക്കലി അതിനെന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ എനിക്ക് നിശ്ചയില്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ സ്പെഷ്യാലിറ്റി എന്തൊക്കെയോ ഉണ്ടാക്കേണ്ട ഈ ഉള്ളിലിരിക്കണ പാർട്ടി ആരാ അത് തുറന്നു നോക്കിയാൽ കാണുമോ ഒരു സർജറി ചെയ്ത് നോക്കിയാൽ കാണുമോ അല്ല ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ എത്ര ഓർത്തോപെഡിക്കൽ സർജറി ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറയണ മൂലാധാരം സ്വാധിഷ്ഠാനം ഈ ബോണിൽ കണ്ടിട്ടില്ല അങ്ങനെ കാണുവോ അതിനു മാത്രല്ല കാണാത്തത് ആളെയും കാണാനില്ലല്ലോ ഈ ഉള്ളിലിരിക്കുന്ന ആളാരാ ഈ തോട്ടിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മൈൻഡ് എവിടെ അത് മസ്തിഷ്കത്തിലാണോ ഒരു വലിയ ചോദ്യ ബ്രെയിനിലാണോ മൈൻഡ് ഓർ ഈസ് ദ ബ്രെയിൻ സിംപ്ലി ആഫ്റ്റർ ഇഫക്റ്റ് ഓഫ് ദ മൈൻഡ് ഒരു തോട്ട് വരുമ്പോ ബ്രെയിനിലൊരു സെല്ലുണ്ടാവുകയാണ് അല്ലാതെ ബ്രെയിനിലുള്ള ഒരു സെൽ തോട്ട് ഉണ്ടാക്കുക അല്ല ഇപ്പൊ പതുക്കെ പതുക്കെ പതുക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു തോട്ട് വരുമ്പോൾ ബ്രെയിനിലൊരു പുതിയ സെല്ലുണ്ടാവും സോ ദ entire brain is only a result of thought, not that the brain is creating thought. അപ്പൊ ഈ ചിത്തവൃത്തികൾക്ക് മുഴുവൻ ഉറവിടമായ ഹൃദയസ്ഥാനം ഒരേ ബീജം ഒരു സെൽ അല്ലേ ഒരു ചെറിയ ഒരു കുമ്മിള കലിലം ത്രിയാണ് ഭാഗവതത്തിൽ പറഞ്ഞു ഒരു ചെറിയ കാണാൻ വയ്യാത്ത ഒന്ന് ഫസ്റ്റ് അവയർനെസ് നമ്മുടെ ഭഗവാൻ ഉള്ളത് എന്ന് പറഞ്ഞു പറഞ്ഞു കരുവാമഹന്തൈ ഞാൻ ഞാൻ പറയണതുണ്ടല്ലോ അതാണ് ആദ്യത്തെ ത്രോബിങ് ജേം ലൈഫിന്റെ ഗർഭത്തിൽ ഇരിക്കുമ്പോ ആദ്യം അമ്മയുടെ ഗർഭത്തിന്റെ ഉള്ളിൽ ആ ത്രോബിങ് ആണ് അഹം അഹം അഹം അഹം അഹം അതിന് ചുറ്റുമാണ് ബ്രെയിൻ വന്നു മൈൻഡ് വന്നു സെൻസസ് വന്നു ശരീരത്തില് കൈയും കാലും തലയും വന്നിട്ട് എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റ് നിന്ന് ആ കുട്ടി ജനിച്ച ശേഷം അതിന് തന്നെ എന്താ പറയണ്ടോ ഒന്നും അറിയില്ല വർത്തമാനം പറയാൻ നോക്കൂ നിർവിശേഷമായിട്ട് ഇരിക്കുമ്പോൾ നോക്കൂ എന്തൊരു ഭംഗിയാ െ ആരും എടുത്ത് ചുംബിക്കും ആരും എടുത്ത് ലാളിക്കും ആ ശരീരം നാറണില്ല അതൊരു വലിയ ആശ്ചര്യ ശരീരത്തിൽ നാറ്റില്ല വായി നാറില്ല എന്താന്ന് വെച്ചാൽ ഈ അഭിമാനം നരമ്പുകളിലേക്ക് നാടിയിലേക്കൊന്നും കയറിയിട്ടില്ല അത് ഓപ്പറേറ്റ് ചെയ്യാനേ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ശരീരം ഒക്കെ ശുദ്ധം ഒക്കെ ശുദ്ധം കാണുമ്പോ അതങ്ങനെ ദേവതാ ദേവദർശനമാണ് ബ്രഹ്മദർശനമാണ് പതുക്കെ പതുക്കെ ആ കുട്ടി പറയും വാവയ്ക്ക് വേണം ഉണ്ണിക്ക് വേണം എന്നൊക്കെ പറയും അപ്പോഴും ഞാൻ ാണ് അതിന് അനുഭവമുണ്ട് പക്ഷെ അതിനും ഈ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഘടിപ്പിക്കില്ല കൊറേ കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവർ പറയണതൊക്കെ കേട്ടിട്ട് ഈ അനുഭവത്തിന് ഞാൻ എന്നാണ് പറയേണ്ടത് മനസ്സിലാക്കിയിട്ട് പറയണു അത്രേ ഉള്ളൂ പതുക്കെ പതുക്കെ അത് സോളിഡിഫൈ ആയിട്ട് വന്ന് എന്റെ നിൻ്റെ എന്നൊക്കെ പറഞ്ഞു ബലമായി കഴിഞ്ഞ് കൊറേ കഴിയുമ്പോൾ നമ്മളും കുറെ ട്രെയിനിങ് ഒക്കെ കൊടുക്കും സ്കൂളില് കോളേജില് അതിലിതിലൊക്കെ ഡെവലപ്പ് ചെയ്ത് പഠിപ്പിച്ചൊക്കെ കൊണ്ടുവന്ന് ഒരുമാതിരി യൗവനത്തിലേക്ക് വരുമ്പോഴേക്കും ഞരമ്പിലും നാടികളിലും ഒക്കെ ഈ ഹൃദയഗ്രന്ഥി പ്രവേശിച്ചു കഴിയുമ്പോ ബന്ധമായി ബന്ധം മോക്ഷം എന്ന് ഭഗവാൻ ഇന്നലെ ഗീതയിൽ പറഞ്ഞു അല്ലെ ബന്ധത്തിനെയും മോക്ഷത്തിനെയും അറിയുന്ന ബുദ്ധി എന്ന് പറഞ്ഞു ബന്ധം ഈ ശരീരത്തിലെ ഈ ഉപാധി ഞാനാണെന്നുള്ള ധാരണയാണ് മോക്ഷം എന്താന്ന് വെച്ചാൽ എങ്ങനെ അങ്ങനെ തിരിച്ചു പോവുക റിട്ടേൺ ടു ദ സോഴ്സ് അപ്പോ ഇങ്ങനെ ഈ ദേഹത്തില് എവിടെയായി ഞാൻ എന്ന് തോന്നണത് ഈ ത്രോബിങ് ഈ സ്പന്ദനം ഈ തുടിപ്പ് ഇതെവിടെ തോന്നണു എന്നിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ കാണാം അത് ശരീരത്തിലല്ല അത് മനസ്സിലല്ല അത് ഒരു കരണത്തിലുമല്ല അധിഷ്ഠാനം തഥാ കർത്ത കരണം ചൃതക് വിധം വിവിധാശ്ചൃതക്ചേഷ്ട ദൈവം ചെയ്വാത്ര പഞ്ചമം ഈ അഞ്ചെണ്ണവും പ്രകൃതിയിലാണ് അതൊക്കെ സിസ്റ്റത്തിലുണ്ട് ദൈവം ഭഗവാൻ പറഞ്ഞത് മായാ ശക്തി ഇതിന് പുറകിലുള്ള പവറാണ് ബാക്കി നാലും ഉപാധിയാണ് ഇതിനൊക്കെ ആധാരമായിട്ട് ജീവഭൂതാം മഹാബാഹു ഏദം ധാര്യത ജഗത് അധിഷ്ഠാനമായിട്ട് ഇതിന് പുറകില് ഇതിനെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സത്ത് ഒരു ചിത്ത് ഒരു ആനന്ദം ഒരു ചിന്മാത്രമായ ജ്യോതി അതാണ് നമ്മളുടെ സ്വരൂപം എന്ന് ഒരു റെക്കഗ്നീഷൻ ഒരു പ്രത്യഭിജ്ഞ ആ പ്രത്യഭിജ്ഞ വരുമ്പോ ഇവിടെ തന്നെ ശരീരത്തിലിരിക്കുമ്പോ തന്നെ ഇയാള് ഈ സ്വപ്നത്തിന് അപ്പുറം പോയി അയാള് ഇവിടെ ഇരിക്കുമ്പോ തന്നെ പൂർണമായി നടമാടുന്ന ശിവനായി ശിവമായി മംഗളമായി ഇപ്പൊ ശവമായിട്ടിരിക്കുകയാണല്ലോ അല്ലെ ശവാകാരം യാവത് ഭജതി മനുജ താവത് പറഞ്ഞു ശവാകാരത്തിനെ ഭജിക്കുന്നവരവൻ അശുചിയാണ് അത് താനല്ലെന്ന് അറിഞ്ഞ് ശിവാകാരം ഭജതി ശിവത്തിനെ ആത്മാവിനെ ചൈതന്യത്തിനെ ഹി സ്റ്റാർട്ട്സ് വർഷിപ്പിങ് കോൺഷ്യസ്നെസ് ഡോട്ട് മാറ്റർ ആ ചൈതന്യത്തിനെ അറിയൽ അതാണ് ഭഗവാൻ അതാണ് ഈശ്വരൻ അതാണ് കൃഷ്ണൻ അതാണ് ശിവൻ കൃഷ്ണമേനം അവേഹിത്വം ആത്മാനം അഖിലാത്മന ഭഗവാൻ പറഞ്ഞു അർജുന എന്നെ ഞാൻ ഈ ശരീരം ഈ രൂപമാണെന്ന് ധരിക്കരുത് അഹമാത്മാ ഗുഡാഗ്യ സർവഭൂതാശയ സ്ഥിത എന്റെ ഉള്ളില് ഉള്ള ബോധമാണ് ഞാൻ ചൈതന്യമാണ് ഞാൻ അജ്ഞാനം കൊണ്ട് അറിയായയാണ് അവജാനന്ത് മാം മൂഢാഹാ മനുഷ്യം തനുമാശ്രിതം അജ്ഞാനികളാണ് ഞാൻ ഈ ശരീരമെന്ന് ധരിക്കണത് ഈ രൂപമാണെന്ന് ധരിക്കണത് ജ്ഞാനം വന്നവർക്കറിയാം അവരുടെ ഉള്ളിലുള്ള അന്തറിയാമയാണ് ഞാൻ ഈശ്വരനാണ് ആത്മാവാണ് ഈ സത്യം മറന്നു കളയുമ്പോൾ മനുഷ്യന് ദുഃഖവും വരും ഈ ദുഃഖത്തിന് ഉള്ള പരിഹാരം ആന്റി വീണ്ടും ഓർത്ത് കണ്ടുപിടിക്കലാണ് ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് എന്നറിയുമ്പോൾ ഈ ദുഃഖത്തിന്റെ അപ്പുറം പോകും ആ അറിവ് ആ ബുദ്ധി ഭഗവാൻ പറഞ്ഞു എനിക്ക് ഭക്തി ചെയ്താൽ ആരാണോ ഭക്തി ചെയ്യുന്നത് ഭക്തി എന്ന് വെച്ചാൽ തന്നെ അടക്കമാണ് ഭക്തി എന്ന് വെച്ചാൽ അടക്കം ശരണാഗതി നിങ്ങൾ എവിടെയാണോ നിങ്ങളൊരു ഹയർ ഇന്റലിജൻസ് കാണുന്നത് ഒരു കരുണ കാണുന്നത് മാതൃത്വം കാണുന്നത് അവിടെ സ്പോൺറ്റേനിയസായിട്ട് നിസർഗമായിട്ട് നിങ്ങൾ അടങ്ങിപ്പോകും അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിക്കലാണ് അധ്യാത്മ മുഖ്യ ജോലി അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു ഏത് സന്നിധിയിലാണോ നമ്മൾ അടങ്ങുന്നത് നമ്മളുടെ മോക്ഷമാർഗം അവിടെയുണ്ട് അവിടെ നമ്മൾ അടങ്ങിപ്പോവാണ് നമുക്കൊന്നും ചോദിക്കാനില്ല ഒന്നും അറിയാനില്ല യു ആർ കംപ്ലീറ്റ്ലി വൺ വിത്ത് ഒരു പ്രിയം വരുന്നു ഒരു കാരണമില്ലാത്ത പ്രിയം വരുന്നു അതിലൊന്നും കിട്ടാനില്ല ഒന്നും അങ്ങനെ ഒരു ഒരു കംപ്ലീഷൻ ആ ഒരു അടക്കത്തിന് നമ്മൾ ഭക്തി എന്ന് പറയുന്നു ആ ഭക്തി വന്നു കഴിഞ്ഞാൽ അഭിമാനം പതുക്കെ പതുക്കെ പതുക്കെ പോയി കഴിയുമ്പോ ഭഗവാൻ പറഞ്ഞു ഹേ അർജുന ഭക്തിയോടെ എന്നെ ഭജിക്കുന്നവന്റെ ഉള്ളില് ഞാന് ദാമി ബുദ്ധിയോഗം തം ഏനമാമുപയാ അവരുടെ ഉള്ളില് ഞാന് ബുദ്ധിയോഗത്തിനെ കൊടുക്കും അവർക്ക് ഞാൻ ബുദ്ധിയോഗത്തിനെ കൊടുക്കും ദാമി ബുദ്ധിയോഗം തം ഏന മാമുപയാത്തെ ഭഗവാൻ പറഞ്ഞു ഞാൻ അവർക്ക് കൊടുക്കും അതുകൊണ്ട് അവരെന്നെ പ്രാപിക്കും ബുദ്ധി എന്ന് വെച്ചാൽ ബ്രെയിൻ മസ്തിഷ്കമല്ല ഹൃദയേഷു ബുദ്ധി എന്ന് ദേവി മഹാത്മ്യത്തിൽ ഒരു ശ്ലോകം വരും ഹൃദയേഷു ബുദ്ധി ഹൃദയങ്ങളിലുള്ള ബുദ്ധി എന്നത് ഹൃദയത്തിൽ ആ ബുദ്ധി എന്ന് വെച്ചാൽ ജ്ഞാനം ദേവിയുടെ സ്വരൂപമാണ് ഭാഗവതത്തില് പറഞ്ഞു വൈശാരദീസാതി വിശുദ്ധ ബുദ്ധി ധുനോതിമായാം ഗുണസംപ്രസൂതാം വൈശാരദീ ബുദ്ധി അതാണ് ദേവിക്ക് ശാരദ എന്നൊരു പേര് അങ്ങനെ വന്നതാ വൈശാരദീ ബുദ്ധി തെളിഞ്ഞ ജ്ഞാനം അത് ത്രിഗുണാത്മികയായ മായയൊക്കെ അവധൂനം ചെയ്യുന്നു തുടച്ച് നീക്കി ജ്ഞാനത്തിനെ പ്രകാശിപ്പിക്കുന്നു ആ ബുദ്ധിയെ ഞാൻ അവർക്ക് കൊടുക്കണോ എന്ന് പറഞ്ഞു ആ ഭഗവത്കൃപ വരുമ്പോ ആ ബുദ്ധി എങ്ങനെയുണ്ടാവും ബുദ്ധേർഭേദം ധൃതേഷ്ശൈവ ഗുണതാ ത്രിവിധം ശൃണു പ്രോക്ഷ്യമാനമശേഷേണ പൃഥക്ത്വേന ധനഞ്ജയാ ബുദ്ധി എങ്ങനെയാണ് ബുദ്ധി തെളിഞ്ഞു കഴിയുമ്പോൾ പ്രവൃത്തിധർമ്മം നിവൃത്തിധർമ്മം ഇത് രണ്ടും ആദ്യം അറിയും ഇന്നലെ പറഞ്ഞത് സംഗ്രഹിക്കുകയാണ് അതായത് കർമ്മം കർമ്മത്തിന്റെ സീക്രട്ട് തുറക്കും നമ്മളെ പെടുത്തിയിരിക്കുന്നത് ബന്ധത്തിൽ ഇട്ടിരിക്കുന്നത് കർമ്മമാണ് അത് ഒരു ഡബിൾ ഹെഡഡ് സ്വാഡ് മാതിരിയാണ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ കൊടുങ്ങും ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോഴും കൊടുക്കും ബന്ധനത്തിലാവും അപ്പോ ചെയ്യണം യോഗമായിട്ട് ചെയ്യണം ചെയ്യണതിനെ ഭഗവത് അർപ്പണമാക്കി ചെയ്യണം ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം ചിത്തശോധകം മുക്തിസാധകം ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യണം ആ കർമ്മത്തിനെ ഒരു യോഗ മാറ്റുന്ന ഒരു ചമത്കാരത്തിനെ പ്രവൃത്തിധർമ്മം എന്ന് പറഞ്ഞു അങ്ങനെ പ്രവൃത്തിധർമ്മം ഭംഗിയായിട്ട് ചെയ്ത് കഴിയുമ്പോ നിവൃത്തിരുപചായത്തെ താനെ അങ്ങനെ ഈ ഉർവാരുക ബന്ധനാത് വിട്ടുപോലും ഈ വെള്ളിരിപ്പഴം വിട്ടുപോരുന്ന് മാത്രല്ല ചീഞ്ഞു പോവുകയേ ഇല്ല അത് ചീഞ്ഞു പോവുകയേ ഇല്ല പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങി വന്നിങ്ങോട്ട് പോയി കളയും അതുപോലെ വിട്ടുപോരും നിവൃത്തിയായിട്ട് മാറും പ്രവൃത്തിയെ നിവൃത്തിയാക്കി മാറ്റുന്ന ചമത്കാർ പ്രവൃത്തി യോഗം സ്പിരിച്വൽ നമ്മൾ ചെയ്യുന്ന ജീവിതത്തില് പണിയെടുക്കണത് ഉണ്ടല്ലോ അത് സാധനയായിട്ട് മാറണം ചിലർക്ക് സാധനയെ ഒരു പണിയായിട്ട് മാറിക്കളയും വേറെ ജീവിതം വേറെ രണ്ടില്ല അതെങ്ങനെ വരും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മണ്ഡലത്തിൽ സിൻസിറിറ്റി സത്യം ത്യാഗം കാരുണ്യം ഫലേച്ച ഇല്ലാതെ ചെയ്യ എന്ന് വെച്ചാൽ ശമ്പളം വാങ്ങിക്കേണ്ടെന്നാണോ അതൊന്നുമില്ല അതിന് അതിന്റെ നിയമമുണ്ട് ശമ്പളം കിട്ടേണ്ടത് കിട്ടും അതൊക്കെ കിട്ടും അതിനു വേണ്ടി മനസ്സ് വ്യാകുലപ്പെടുന്ന ഒന്നുമില്ല അതില് ഈശ്വര പൂജ ആ ഒരു റെവറൻസ് മനുഷ്യന്റെ ഉള്ളിൽ വരുന്നത് അതാണ് ആദരവ് അല്ലേ അതാണ് പഴയ കാലത്ത് നോക്കുക എല്ലാത്തിനും ഈ നമ്മൾ ഈ പൂജയ്ക്കൊക്കെ ഇരുത്തുന്നത് അതുകൊണ്ടാണ് എല്ലാത്തിനോടും ഒരു ആദരവ് ഒരു ഭക്തി കള്ളം കപടം ഇതൊക്കെ എടുത്തു കളഞ്ഞു എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ പ്രവൃത്തി ഈശ്വരാർപ്പിതമാവും നമ്മുടെ ചിത്തവും ശുദ്ധാവും ചിത്തം ശുദ്ധമായാൽ എന്നെങ്കിലുമൊക്കെ ഈ പ്രവൃത്തി നമ്മൾ വിട്ടു വിട്ടു പോകുമ്പോ ഉള്ളില് ഒരു വലിയ നിധി നമ്മൾ കണ്ടെത്തും യോഗത്തിന്റെ മാർഗം തോർക്കും പ്രവൃത്തി ശരിക്കു ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഭാഗവതത്തിൽ പറയണു അവർ ഞാൻ അനുഗ്രഹിക്കുന്നു എങ്ങനെ അനുഗ്രഹിക്കുന്ന വെച്ചാൽ സത്സംഗത്തിൽ എവിടെയെങ്കിലും കൊണ്ടിരുത്തും അവിടെ കർമ്മം പൂർത്തിയാവും അവർക്ക് ബ്രഹ്മവിദ്യ ഏതെങ്കിലും രൂപത്തിൽ വരും ഭക്തിയുടെ രൂപത്തിലോ ഭാഗവതം കേട്ടു എവിടെയോ ഗീത കേട്ടു എന്തെങ്കിലും സദ്വിഷയങ്ങൾ കേട്ടു എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ ചെവിയിലേക്ക് അത് എത്തും അവരറിയും അവരത് മനസ്സിലാക്കും ഒക്കെ ചെയ്യും അതൊക്കെ അവരുടെ ഉള്ളിലേക്ക് വരും അവർ പ്രവൃത്തി അവർ അവർക്ക് എന്ത് വിധത്തിലുള്ള എങ്ങനെയുള്ള പ്രവൃത്തിയാണെങ്കിൽ ശരി അവിടേക്ക് ഭഗവാൻ എത്തിക്കൊളും അവിടേക്ക് ഭഗവാൻ തെരഞ്ഞെത്തിക്കോളും അവിടെ അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്ഥാനത്ത് അവർക്ക് നിവൃത്തി അധ്യാത്മവിദ്യ ഉണ്ടാവും ജ്ഞാനമുണ്ടാവും എല്ലാം സാധ്യമാണ് നിവൃത്തി ഉണ്ടാവും അപ്പൊ ഇതൊക്കെ അറിയാൻ ഉള്ള ശക്തി ബന്ധം ഈ സംസാരം ബന്ധമാണെന്നും ഈ ലോകം മാത്രമല്ല നമ്മളുടെ ലക്ഷ്യം പരമാർത്ഥം അറിയണമെന്നും ഒക്കെ ഉള്ളൊരു ഒരു ബുദ്ധിയുണ്ടാവും അതാണ് സാത്വികമായ ബുദ്ധി എന്ന് പറഞ്ഞത് രാജസം താമസം ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അടുത്തത് പറയുന്നത് ധാരണാശക്തി ധൃതി വിൽ പവർ മനസ്സിനെ ധരിക്കുക പിടിച്ചു നിർത്തുക ഒരു ഹയർ ഗോൾ വരുമ്പോ സഹജമായിട്ടത് വരും ലൌകികമായിട്ട് തന്നെ ഒരു പരീക്ഷയ്ക്ക് പഠിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ആള് ശുദ്ധമാവും അല്ലേ സമയമേ ഇല്ല അവർക്ക് ഒരു ജീവിതത്തിൽ ഒരു ലക്ഷ്യം വരുമ്പോ തന്നെ അവർക്ക് ടി കാണാൻ സമയമില്ല വേണ്ടാത്ത ഒന്നിനും സമയമില്ല അതിൽ ഫുള്ളായിട്ടും പോയി പക്ഷെ അത് ജഡപദാർത്ഥമായതുകൊണ്ട് അതിപ്പോൾ നിർവൃത്തിയും പൂർണ്ണത്വവും ഒന്നും കൊടുക്കില്ല മാത്രമല്ല ആ പണി കഴിഞ്ഞാൽ ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞാൽ ഇത് ई क्यों विटे अल उयर् लक्ष्यम वचारणा अदान भगवान अरे कधृतार मन प्राणेन्याचारिण्य धृतिथसात्व इोग ध्यानम, धारना धारना ध्यानम भगवान धार्य उच्चास्त्र विषया नीगेन अनुगतया अगतया മനസ്സിനെ ധ്യാനത്തില് നിർത്തുകയാണ് സമാധി എന്ന് പറഞ്ഞാൽ മനസ്സ് ധ്യാനിക്കുന്ന മനസ്സ് വാസനാശൂന്യമായ മനസ്സ് പതുക്കെ പതുക്കെ പതുക്കെ ധ്യാനിക്കുന്നവൻ ധ്യാനിക്കപ്പെടുന്ന വസ്തു ധ്യാനം എന്നുള്ളതൊക്കെ വിട്ട് അഖണ്ഡാകാരമായി ആത്മസ്വരൂപമായിട്ട് നിലകൊള്ളുന്നതാണ് സമാധി യോഗത്തില് സമാധിയുണ്ട് ജ്ഞാനത്തില് സമാധിയുണ്ട് നമ്മള് സമാധി എന്ന് പറഞ്ഞാൽ ധരിക്കണത് മരിച്ചു കഴിഞ്ഞിട്ട് അടക്കം ചെയ്ത സിമന്റ് തറ എന്നാണ് ആളുകള് ധരിക്കണത് അപ്പൊ സമാധി എന്ന് വെച്ചാൽ സമമായ ജ്ഞാനം ബുദ്ധി ബ്രഹ്മലീനമായ ബുദ്ധി എന്നർത്ഥം അപ്പോ ആ സമാധി ചിലപ്പോ ഭക്തി സാധനയിലൊരു സമാധി ഉണ്ട് ഭഗവൻ നാമൻ ജപിച്ചുകൊണ്ടേയിരുന്നു ഒരു മൂഡ് വരും ഒരു ഒരു ഭാവം ഭക്തിയില് ആദ്യം വരുന്നത് എന്താന്ന് വെച്ചാൽ ഭാവസമാധിയാണ് ഭഗവന്നാമത്തിനെ ജപിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ട് ഒരു ആനന്ദം ഭജനെ കേൾക്കുമ്പോൾ ഒരു ആനന്ദം അല്ലെ അത് കുറച്ചുനേരം നിന്നിട്ട് പോയിക്കളയും എന്താണെന്ന് വെച്ചാൽ അതിനെ ധരിക്കാനുള്ള ഇന്ദ്രിയങ്ങള് പാത്രമില്ല അയാളുടെ അടുത്ത് വേദമന്ത്രങ്ങളൊക്കെ തന്നെ ഭാവമണ്ഡലത്തിലാണ് ആ വേദമന്ത്രങ്ങള് ബ്രാഹ്മണന്റെ നാടിയിലും നരമ്പിലും ധരിക്കപ്പെടേണ്ടതാണ് ആ നാടിയിലും നരമ്പിലും ഒക്കെ ശരിക്കും ഒരു വയറ് കറണ്ടിനെ പാസ് ചെയ്യണ പോലെ ഈ മന്ത്രങ്ങളെ നാടിയിലും നരമ്പിലും ധരിക്കണെങ്കിൽ നാടിയിലും നരമ്പിലും വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല അതിനാണ് ഗായത്രിയെ ഉപാസിച്ച് അഗ്നി പോലെ ആ ശരീരത്തിനെ വെച്ചുകൊണ്ടിരുന്നാലേ ഈ മന്ത്രത്തിനെ അവിടെ ധരിക്കാൻ പറ്റുള്ളൂ എല്ലാ അങ്ങനെയാണ് ഭാവത്തിനെ ധരിക്കണെങ്കിൽ നാടീവ്യൂഹം നരമ്പുകള് ഇതൊക്കെ യോഗ യോഗ വിഷയമാണ് ഇതൊക്കെ ശരീരത്തിലുള്ള നാടികളും നരമ്പുകളും ശുദ്ധമാവണം നാടിയും നരമ്പും ഒക്കെ ശുദ്ധമാണെങ്കിൽ ഉണ്ടല്ലോ നമ്മളുടെ ഉള്ളിൽ ഒരു ഉണ്ട് ആ ടി നല്ല സീരിയല് മാത്രമേ ഓടാൻ പാടുള്ളൂ വെളിയിലുള്ള ടി വി കാര്യം വരെ നമ്മള് വളരെ അവഗണിക്കുന്ന ഒരു കാര്യമുണ്ട് ഭാവസംശുദ്ധി എന്ന് പറയണത് ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ പറഞ്ഞ കാര്യാണ് ഭാവസംശുദ്ധി ഭാവസംശുദ്ധി എന്ന് പറയുന്നത് എന്തോ ഒരു ഒരു സിനിമ കാണുന്നു ഒരു നെഗറ്റീവായിട്ട് എന്തോന്ന് കണ്ടു കണ്ടപ്പോ അവിടെ കണ്ട വേറെ കാര്യം അതിന്റെ ആനുപാതികമായിട്ട് ഇവിടെ എന്തൊക്കെയോ സമ്മർദ്ദങ്ങൾ ഉണ്ടായി അവിടെ ഉള്ളത് നുണയാണോ സത്യമാണോന്നുള്ള കാര്യം നമ്മളുടെ ഉള്ളിൽ ആ കഥാപാത്രങ്ങൾ ജനിക്കുകയും വളരുകയും പരിണമിക്കുകയും ഹിംസിക്കുകയും ദ്രോഹിക്കുകയും കാമിക്കുകയും കോപിക്കുകയും ദ്വേഷിക്കുകയും ഒക്കെ ചെയ്ത് അസ്തമിക്കാണ് യോഗമെന്ന് പറഞ്ഞാൽ ഉണ്ടാകുക നിൽക്കുക മറയുക ഇത് എവിടെ നടക്കുന്നുവോ അത് മുഴുവനും കൂടി ചേർന്ന ആ പ്രക്രിയ യോഗമാണ് അത് നമ്മുടെ ചിത്രത്തിൽ നമുക്ക് കാണാം ജന്മാതിയസ് എന്ന് വ്യാസസൂത്രം ഉണ്ടല്ലോ യോഗസൂത്രവുമാണത് സ്ഥിതി ഉദ്ഭവ പ്രളയം നമ്മളുടെ ഉള്ളിൽ നടന്നുകൊണ്ടേയിരിക്കും ഓരോ ചിത്തവൃത്തി വരുമ്പോഴും ഒരു സൃഷ്ടി നടക്കും ആ സൃഷ്ടി എന്തൊക്കെയോ ചെയ്യും ഒരു ചെറിയ ടൈം സ്പാനില് ഒരു കാമം ഒരു കോപം ഒരു അസൂയ ഒരു ദ്വേഷം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിന്റെ ദുർഗന്ധങ്ങളും ഇതുമൊക്കെ നമ്മുടെ നാഡീവ്യൂഹത്തിലൂടെയും നരമ്പ് വ്യൂഹത്തിലൂടെയും ഈ ഡ്രെയിനേജ് കലക്കണ പോലെ കലർന്ന് എല്ലാ സ്ഥലത്തും പോകും അപ്പോ വളരെയധികം സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു ട്രഷറിയാണ് ഈ ഭാവനാമണ്ഡലം എന്ന് പറയണത് ആ ഭാവനാമണ്ഡലം അതിനാണ് ഈ സത്സംഗം പലരും ചോദിക്കണം എന്തിനാ ഈ ആവശ്യമില്ലാത്ത കഥകൾ കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് രസമുണ്ട് കഥകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സൃഷ്ടി നടക്കണുണ്ട് കഥകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കൃഷ്ണൻ ജനിക്കുന്നു കൃഷ്ണൻ വളരുന്നു കൃഷ്ണൻ കളിക്കുന്നു രാമൻ ജനിക്കുന്നു രാമൻ വളരുന്നു രാമൻ കളിക്കുന്നു ഹനുമാൻ വളരുന്നു ശിവൻ വരുന്നു വിഷ്ണു വരുന്നു ഭാവമണ്ഡലത്തില് ദിവ്യമായ എന്തൊക്കെയോ സൃഷ്ടി നടക്കുക ഭാവമണ്ഡലത്തില് ദിവ്യമായ എന്തൊക്കെയോ സ്പന്ദനങ്ങൾ നടക്കാണ് അത് സത്യമാണ് പുറത്തുള്ള സത്യത്തിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് ഇതൊക്കെ ഹിസ്റ്റോറിക്കലാണെന്ന് ഹിസ്റ്ററി ആർക്ക് വേണം കഴിഞ്ഞു ചത്തുപോയി ഇന്നലത്തെ എന്താ കുറച്ചുനേരം മുമ്പുള്ളത് ചത്തുപോയി ലാസ്റ്റ് അനുഭവിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നലത്തെ ദിവസം ഇപ്പോ ഇന്നലത്തെ ദിവസം ഇന്ന് വൈകുന്നേരം ആറു മണി നിങ്ങളെ അനുഭവിക്കാൻ പറ്റുമോ എന്ത് ഹിസ്റ്ററി ഒരു ഹിസ്റ്ററി സത്യമല്ല നമ്മളുടെ ലൈഫിലെ നമുക്ക് മൂന്ന് വയസ്സ് നാല് വയസ്സിലുള്ള ഒരു കാര്യവും നമുക്ക് അറിയുന്നില്ല എന്നിട്ട് വേണ്ടേ കാര്യം അല്ലേ വെറും ഹിസ്റ്ററിന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരാള് ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി എഴുതാൻ തുടങ്ങി നടന്ന കഥയാ എനിക്കിപ്പോൾ അയാളുടെ പേര് പറഞ്ഞുപോയി അയാൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ജനലിൽ ഭയങ്കര ബഹളം കണ്ടു എന്താണെന്ന് വെച്ചാൽ രണ്ടു പേര് തമ്മിൽ അടികൂടുകയാണ് അപ്പൊ ഇയാൾക്ക് എന്താന്ന് കാര്യം മനസ്സിലാവാതെ ഇറങ്ങി വന്ന് ചോദിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന ആറു പേര് ഏഴ് അഭിപ്രായം പറഞ്ഞു ഇതിനെക്കുറിച്ച് എന്താ നടന്നത് ഒക്കെ കോൺഫ്ലിക്ടി അപ്പൊ ഇയാൾ പറഞ്ഞു എന്റെ മുമ്പിൽ നടന്ന രണ്ടുപേരുടെ തല്ല് ഇതിനെ കുറിച്ച് ഏഴ് അഭിപ്രായം ഉണ്ടാവാമെങ്കിൽ വേൾഡ് ഹിസ്റ്ററി എത്ര വലിയ കള്ളായിരിക്കും അവൻ അവന് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞതൊക്കെ നമ്മൾ എഴുതി ഈ പോലെ പള്ളിക്കൂടത്തിൽ പാവം പിള്ളേരെത്തി കാണാപ്പാഠം പഠിപ്പിച്ച് മാർക്ക് എഴുതി കൊടുത്ത് കൂട്ടുകൊറയ്ക്കുക വലിയ ക്രൈം ആണ് ഈ സമയം കൊണ്ട് കുറച്ച് ഭാഗവതമോ ബൈബിളോ എന്ത് വേണമെങ്കിലും പഠിപ്പിക്കൂ ഖുർആാനോ എന്ത് വേണമെങ്കിലും പഠിപ്പിക്കൂ അവരുടെ ഉള്ളിൽ കുറച്ച് ദിവ്യത്വം വരട്ടെ ഭക്തി വരട്ടെ ശാന്തി വരട്ടെ സമാധാനം പ്രേമം പ്രിയം വരട്ടെ രാഗദ്വേഷവും ശണ്ട ഇല്ലാതിരിക്കട്ടെ ഉള്ളിലൊരു സാമ്യത വരട്ടെ ഒരു സമാന ബുദ്ധി വരട്ടെ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ളില് സന്തോഷമായി നമ്മളുടെ നിങ്ങളുടെ ഭാവന ഭാവന ആയിക്കോട്ടെ ഇപ്പൊ എന്താ കുഴപ്പം സീത പറഞ്ഞു ഹനുമാനെ പെട്ടെന്ന് കണ്ടപ്പോ വിശ്വസിക്കാൻ പറ്റില്ല രാമനെക്കുറിച്ച് ലങ്കയിൽ ഒരാൾ വന്ന് പറയണു ഇത് സ്വപ്നമായിരിക്കുമോ എന്നിട്ട് സീത പറഞ്ഞു ഇത് സ്വപ്നമാണെങ്കിൽ സ്വപ്നമായിട്ടേ ജീവിതം ഇരിക്കട്ടെ നോ ആർക്ക് വേണം ജാഗ്രത അല്ലേ ദുരിതം നിറഞ്ഞ് ജാഗ്രത ആർക്ക് സ്വപ്നം എന്ന് വെച്ചാൽ സ്വപ്നമായിട്ടിരിക്കട്ടെ ഭാവമണ്ഡലത്തിൽ ഒരു സംശുദ്ധി ഇരിക്കട്ടെ ഒരു ത്യാഗം ഇരിക്കട്ടെ ശാന്തി ഇരിക്കട്ടെ ആനന്ദം ഇരിക്കട്ടെ അവിടെ അങ്ങോട്ട് ശുദ്ധമാക്കി വെക്കാനാണ് ഉപാസനയിലെ ഒരു ധാരണ ധരിച്ച് ധരിച്ച് ധരിച്ച് ധരിച്ച് ഹൃദയത്തിൽ ആ ഭക്തിയെ അനുസന്ധാനം ചെയ്ത് ത്യാഗത്തിനെ പ്രേമത്തിനെ അനുസന്ധാനം ചെയ്ത് യോഗി തന്റെ സ്വാപ്നികമായ ലോകത്തിൽ ഇരിക്കാൻ പഠിക്കണോ ഇതും സ്വാപനികമായ ലോകമാണ് പക്ഷെ നമുക്കറിയില്ലല്ലോ അത് സ്വാപ്നികമായ ഭാവമണ്ഡലത്തിൽ ഇരുന്ന് ഇരുന്ന് ഇരുന്ന് ഇരുന്ന് ഇരുന്ന് ഇയാൾക്ക് ഇയാളുടെ കഥയും ലോകത്തിന്റെ കഥയും ഒക്കെ മറന്നു പോണം അതൊരു വലിയ ആവശ്യമാണ് അല്ലെങ്കിൽ നമ്മൾ ഒന്നിൽ നമ്മളുടെ കഥ എഴുതിക്കൊണ്ടേയിരിക്കും ഞാൻ അവിടെ എങ്ങനെ ചെയ്തപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്തപ്പോൾ ഒക്കെ ഓട്ടോബയോഗ്രഫിയാണ് മൈൻഡ് ഈസ് ആൻഡ് എ കോൺസ്റ്റന്റ് ഓട്ടോബയോഗ്രഫി റൈറ്റർ നമ്മളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഞാൻ അവിടെ പോയി ഞാൻ ഇവിടെ പോയി എന്നെ കുറിച്ച് അവർ അങ്ങനെ പറഞ്ഞു എന്നെ ഈ ഞാനും എന്റെ കീറാമൂട്ടിയും പോണം അതിനാണ് ഭഗവാനെ കുറിച്ച് അവിടെ കുറിച്ച് കംപ്ലീറ്റ്ലി ഒബ്ജെക്ട് ഒരു ഒരു ആശ്ചര്യം നോക്കൂ കംപ്ലീറ്റ് സബ്ജക്റ്റ് ആണ് ജ്ഞാനം എന്ന് പറയണത് ഈ വ്യക്തി നിഷ്ടം ഞാൻ അത് ജ്ഞാനം ഭക്തി കംപ്ലീറ്റ് ഒബ്ജെക്ട് ആണ്